आकाशवाणी मुहूर्त नाटक रचना हूसइन करााडी संधानू जोसफ शब्द नल्क शिवरामि विजय कुमार अरुण शर् प्रजी करुमला प्रमीला मोहन कुमार पी सारंगी सोनी शीनिल, മുഹൂർത്തം ആദ്യ ഭാഗം ഹലോ ഹലോ പറയുന്നു എന്താണെന്ന് വ്യക്തമാവുന്നില്ല ആദ്യ ഇയാള് ആ റേഞ്ചിലേക്കൊന്ന് മാറിയേക്ക് ഇപ്പൊ കേക്കാം ആ ശരി എന്താ അയാളിപ്പോൾ പറഞ്ഞത് ഏ വേണ്ട വേണ്ട രണ്ട് മുറി രണ്ടേ രണ്ട് മുറി ആ അതിൽ തന്നെ വലിയ സൗകര്യം ഒന്നും വേണമെന്നില്ല അവിടുത്തെ ലോഡ്ജിലുള്ള സൗകര്യമൊക്കെ എനിക്കറിയാവുന്നല്ലോടോ എടോ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ രണ്ട് മുറി അതെ അതെ ഒരു ദിവസത്തേക്ക് ആ ഏതാണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് ഞങ്ങൾ ഞങ്ങൾ എന്ന് വെച്ചാല് ഞാനും എന്റെ ഭാര്യയും കല്യാണപ്പെും അതായത് എന്റെ മകള് ആ ആ ആ അവളുടെ അമ്മാവനും അങ്ങനെ നാല് പേര് ഞങ്ങൾക്ക് രണ്ടു മുറി പോരേ ഇല്ലേ ഞങ്ങളുടെ കൂട്ടത്തില് വേറെ ആരുണ്ടാവില്ല കല്യാണ പാർട്ടിയോ അവര് രാവിലെ അവിടെ എത്തിക്കൊള്ളും ഞങ്ങൾ പെൺവീട്ടുകാര് മൂന്ന് വണ്ടിക്കുള്ള ആളുണ്ടാവും വേണ്ടടോ അവർക്ക് കുളിക്കാനും എന്താണെന്ന് പ്രത്യേക മുറി വേണ്ട ഇയാൾ എന്താണോ ഈ പറയുന്നത് കല്യാണപ്പെണ്ണിന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മുറി എടുത്ത് താമസിപ്പിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ വേണ്ട വേണ്ട വേണ്ട താൻ ഒന്നും വിസ്തരിക്കേണ്ട ഇയാളൊരു കാര്യം ചെയ്യാ കൃഷ്ണനോണിനോട് പറയാ അച്ഛൻ അമ്പി ആര് എനിക്ക് രണ്ട് മുറി വേണമെന്നു ആ അയാൾക്ക് അറിയാമല്ല വേണ്ട താൻ ഒരു കാര്യം ചെയ് ഈ നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ മതി ഞാൻ ഫോൺ വെക്കുകയാണ് ഓ ഒരു മരങ്ങോടനാ ഫോൺ എടുത്തത് കൃഷ്ണൻ ഉണ്ണി അവിടെ ഇല്ല എനിക്ക് എന്തു തരം മുറിയാണ് വേണ്ടതെന്നൊക്കെ കൃഷ്ണൻ ഉണ്ണിക്കറിയാം ഞാനിടയ്ക്ക് ഗുരുവായൂർ പോകുന്ന സമയത്തൊക്കെ അയാളുടെ ലോഡ്ജിലാണ് താങ്ങാറ് അയാൾ ചില്ലറ പൈസ കുറച്ച് വരികയും ചെയ്യും ആ പിന്നെ വാഹനത്തിൻ്റെ കാര്യം സതീശനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അവ വിട്ടുക്കനാ കൃത്യസമയത്ത് എന്നെത്തിക്കൊള്ളും അതെ അതെ അതെ ദൂരയാത്രയ്ക്ക് അവനാ നല്ലത് മര്യാദക്കാരനാ പിടിച്ചു പറയില്ല അതെ ചില്ലറ പൈസ കുറച്ച് തരുകയും ചെയ്യും പിന്നെ ഇയാള് പോണ വഴിക്ക് സതീഷിനൊന്ന് കാണണം ഏറ്റാൽ അവനാ മാന്തം കാണിക്കില്ല അന്ന് ഓർമ്മപ്പെടുത്തേ വേണ്ടു വണ്ടിയായിട്ട് അങ്ങാടിയിലുണ്ടാവുക അയാള് അവനെ ഞാൻ കണ്ടോളാം ആ ആ ഇനിയിപ്പെന്താ ചെയ്യാനുള്ളത് അവിടെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ശിവദാസൻ സാറ് നോക്കിക്കോളൂ ശിവദാസൻ സാറും നല്ല പിടിപാടാണ് അവിടെ ഈ പറഞ്ഞ കൃഷ്ണവണ്ണിയുടെ ലോഡ്ജിനെ ഒരു പുതിയ കെട്ടിടം പണിയുണ്ട് പോലും അതിൽ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് ഇയാള് കേട്ടല്ലേ ഉള്ളൂ ഞാൻ ചെന്ന് കണ്ടു വെറുതെ ഒന്ന് കണ്ടുപോയിക്കോളൂന്ന് കൃഷ്ണവണ്ണി പറഞ്ഞപ്പോ കയറി കണ്ടതാ നല്ല സൗകര്യങ്ങളുണ്ട് എ സിയും ടിവിയും ഫോണും നമ്മള് ബുക്ക് ചെയ്ത മുറിയുടെ അഞ്ചരട്ടെങ്കിലും വടകിയുണ്ടാവും ഈ പറഞ്ഞ മുറിയൊക്കെ സൗകര്യങ്ങൾ എന്നല്ല അതിന് പറയാ ആർഭാടം കല്യാണ തലന്നല്ലേ അതും ഒരു ദിവസത്തേക്ക് മതിയല്ലോ എന്നാലും ആർഭാടം ആർഭാടം തന്നെ കല്യാണത്തലേന്നാന്ന് വെച്ചിട്ട് അനാവശ്യത്തിന് പണം അങ്ങനെ ഞാൻ ചിരിച്ചെത്തിയാ കാര്യങ്ങള് തെറ്റില്ലാതെ നടന്നു പോകണം രാത്രിയില് ഒന്ന് തല രാവിലെ ഒന്ന് കുളിച്ചൊരുങ്ങും വേണം അതിന് കൃഷ്ണൻ ഉണ്ണിയുടെ പഴയ ലോഡ്ജും മുറി തന്നെ ധാരാളം ചെറുക്കൻ്റെ പാട്ടിക്കാർ വലിയ ലോഡ്ജൊക്കെ ആവും ബുക്ക് ചെയ്തിട്ടുണ്ടാവുക അതിന് അവർ വലിയ തറവാട്ടുകാരല്ലേ ചക്കന്റെ കയ്യിലാണെങ്കിൽ മാത്രം പണവും ഉണ്ടാവും കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടിക്കും താമസിക്കാമല്ലോ അവര് താമസിക്കുന്നത് വലിയ ലോഡ്ജിലൊക്കെ ദുബായിൽ എത്തിയാൽ ചിലപ്പോ ലോകത്തിലേറ്റവും വലിയ കെട്ടിടത്തിലാവും അവര് താമസിക്കുക നമ്മള് വലിയ ആഡംബര ലോഡ്ജൊക്കെ എടുത്ത് സൂചിക്കാനല്ല ഗുരുവായൂര് പോണത് ഭഗവാന്റെ മുന്നിൽ വെച്ച് മാനം മര്യാദയായിട്ട് പെണ്ണിനെ ചെറുക്കണ്ട ജയിലിപ്പിക്ക അതിന് കൃഷ്ണൻ ലോഡ്ജിൽ സൗഹൃദത്തിൽ താമസിച്ച തന്നെ മതി ഇയാള് ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ടേ സതീശനെ കാണുന്ന കാര്യം മറക്കില്ല ഇതാ ഞാനേ ഇറങ്ങായി ആ പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതിട്ടോ ഏട്ടാ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് കാപ്പി മാത്രം മതി പലഹാരമുണ്ട് ഏട്ടൻ്റെ അകത്തേക്ക് പോകുന്നുള്ളൂ അയാൾക്ക് വേണ്ട കാപ്പി മുറ്റത്തേക്ക് ഇറങ്ങിയല്ലോ തൊടിയിലൊക്കെ നടന്നിട്ട് കയറി വരും അപ്പം മതിയാവും ഏട്ടനിരിക്കോ എവിടെ കുട്ടീ അവളെ വിളിക്കേ അവൾക്ക് മോളെ പാറോ ഡേ അമ്മാവൻ വിളിക്കുന്നോ അകത്തുണ്ടാവും എന്തെങ്കിലും കുത്തി കുറുക്കിയാവും എന്നാലും ഫോണിന്റെ തുമ്പോത്തികളില്ലോ അവിടെ ഒരുത്തനുണ്ട് ഏത് നേരം ഫോണിന്റെ മുകളിലെ ഭക്ഷണത്തിന് മുമ്പിരിക്കുമ്പോഴും കൗസുന് കണ്ടുടങ്ങി തൂണ്ടിക്കളി കൗസേടത്തിയോടെ ഞാൻ പറഞ്ഞിരുന്നു തലേന്ന് ഇങ്ങോട്ട് വരണം ഒന്നായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാലോ അതൊന്നും വേണ്ട അമ്മാവാറച്ചാൾ ഉണ്ടാവല്ലോ അവൾ അവരുടെ കൂടെ പോന്നോളും ആ പുട്ടിന്റെ കാറിൽ പത്താള് കൊള്ളുന്നാ പറഞ്ഞത് ആഹ് മോള് വന്നല്ലോ വാ മോളെ വന്നിട്ട് ചായ കുടിക്കി മോളെന്താ ഇങ്ങനെ അകത്ത് കയറിയിരിക്കുന്നത് ഒന്നുമില്ല അമ്മാവാ മോളിരിക്കേണ്ടമാവാ എനിക്ക് ചായ മാത്രം മതി ചായ ഗ്ലാസ് എടുത്തു നീ എവിടേക്കാ അമ്മാവന്റെ കൂട്ടത്തിൽ ഇരുന്നാ പോരേ ഞാനകത്തിരുന്നോളാ അമ്മാവൻ കഴിക്കേ ഒന്നും കഴിക്കുന്നില്ല പെണ്ണ് ആഹാരത്തിന് മുമ്പിൽ വന്നിരിക്കും നുള്ളി പെറുക്കി രണ്ടു മണി വച്ച് വായലിടും കഴിച്ചൊന്നും വരുത്തി എണീറ്റ് അങ്ങ് പോകും വിശപ്പില്ലാന്ന് കല്യാണ കോലം കണ്ടില്ലേ ഏട്ടൻ കുട്ടി കൊറച്ചു ദിവസം കൊണ്ട് വല്ലാതെ ക്ഷീണിച്ചു കല്യാണം നിശ്ചയിച്ച അന്ന് മുതൽ മുഖത്തിനൊരു തെളിച്ചോ ഇല്ല ഏട്ടൻ അറിയാലോ അവൾക്ക് ഇഷ്ടല്ലേ കല്യാണം അതെല്ലാർക്കും അറിയാം അയാൾക്കും അറിയാം നിന്നെ ആരും പറയുന്നില്ല അതെന്നെ കാര്യം കല്യാണം തീരുമാനിക്കും നടത്തിക്കൊടുക്കുകയും ചെയ്യണ്ട നമ്മളല്ലോ പിന്നെ ഒന്ന് ജീവിക്കേണ്ടത് പെണ്ണും ചെക്കനല്ലേ ഒരാൾക്ക് ഇഷ്ടക്കാരുണ്ടായ പോരെ ജീവിതത്തിന്റെ താളം തെറ്റാൻ സ്വന്തം മകളല്ലേ അവടെ ഭാവി ഓർത്തെങ്കിലൊന്ന് അയഞ്ഞു കൊടുക്കുന്നുരച്ചു കിടക്കുന്നുണ്ടല്ലോ അവള് ഏട്ടനറിയാലോ വല്ലാത്തൊരു സ്വഭാവമാണ് പാറുന്റെ അച്ഛൻ എന്ന് താൻ ചെയ്യുന്നതും പറയുന്നതും ശരിയാണെന്നാ വിചാരം തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ ആർക്കാ ധൈര്യം ഏട്ടനുണ്ടോ ഇല്ലല്ലോ എന്ത് ചെയ്താലും തലയാട്ടി കൊടുക്കന്നെ അതല്ല ഏട്ടാ നമ്മളൊക്കെ ചെയ്യുന്നത് മറുത്തൊന്നും പറഞ്ഞു ശീലല്ല പറഞ്ഞിട്ട് ഇനി അയാളുടെ വായിന്ന് വേണ്ടാത്തത് കേക്കണം എന്തിനാ വിചാരിക്കും ആ പഴയ സ്വഭാവം തന്നെ ഇപ്പോഴും ഏത് നേരവും ദേഷ്യവും തന്നെ മകളല്ലേ പത്തും പലതുമില്ലല്ലോ ആണും പെണ്ണായിട്ട് ഒന്നല്ലേ ഉള്ളു അതിനോടെങ്കിലും ഒന്നും മയത്തിൽ നിൽക്കണ്ടേ ഇനിയിപ്പൊ ചെല്ലാടത്തെ സുഖം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഞങ്ങള് വീട് കാണാൻ പോയല്ലോ അന്ന് കണ്ടു ചെക്കൻറെ അമ്മയുടെ നെകിളിപ്പ് നിന്റെ നായര് പറയുന്ന പോലെ വലിയ തറവാട്ടുകാരും സ്വത്തുകാരും ആണെന്ന് എനിക്ക് തോന്നില്ല കയ്യിൽ ആ കാര്യങ്ങള് അതിവിടെ പറഞ്ഞു അമ്മയുടെ ഗുണഗണങ്ങള് അമ്മ നല്ല തൻ്റെ അതുകൊണ്ട് മകളുടെ കാര്യത്തില് ആശങ്ക വേണ്ടു എന്നെ പോലെ മോള് വേദനിക്കരുതെന്ന് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്ക് ദൈവ എന്താണെന്ന് വെച്ചാൽ അതല്ലേ ഏട്ടൻ അറിയോ എന്നോട് കാണിക്കുന്ന പട്ടാളച്ചിട്ട അവളോടും കാണിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം ചൂരലുകൊണ്ട് പുതിരെ തല്ലിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു വിലക്കിയതാണ് പെൺകുട്ടിയാണ് തോല് പൊട്ടിച്ച് കാഴ്ചപ്പാടിൽ അടയാളുണ്ടാക്കി വെക്കേണ്ടു ഒന്നാണെങ്കിലും ഒലക്ക അടിച്ച് വളർത്തണം അവളുടെ അച്ഛൻ ധരിച്ചു വെച്ചിട്ടുള്ളത് എന്താ കുട്ടി പറയുന്നത് കമാൻ ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഇതുവരെ കല്യാണം നിശ്ചയിച്ച വിവരം അറിഞ്ഞപ്പം എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു അതുപോലെ എന്താ കുട്ടിയുടെ മനസ്സിൽ എന്തും സഹിക്കാനുള്ള പഠിപ്പാണ് എന്റെ മോളും പഠിച്ചുവെച്ചിരിക്കുന്നത് അതാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ പഠിപ്പ് ഞാൻ ഇറങ്ങാണ് പോകുന്ന വഴിക്ക് സതീഷിനെ കാണണം അമ്മാവറങ്ങിന്ന് കുട്ടിയോട് പറഞ്ഞാ പെൺകുട്ടികൾ ഉണ്ടാവുമോ ഇല്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല അല്ലേ അങ്ങനെ ഒരു പെൺകുട്ടി പോലും ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടാവില്ല പൂക്കളെ ഇഷ്ടപ്പെടുന്നവളായിരിക്കും അവൾ അവൾ കാണുന്ന സ്വപ്നങ്ങളിൽ ഒരു ചെറുപ്പക്കാരനുണ്ടാവും അവൻ ചിറകുവച്ച കുതിരപ്പുറത്ത് കയറി ആകാശ പറന്നു വരും അവന്റെ പിറകിൽ കയറി ചേർന്നിരുന്ന് അവന്റെ ഗന്ധം ആസ്വദിച്ച് അങ്ങ് ചക്രവാളത്തിലേക്ക് പക്ഷേ പക്ഷെ പാറുകുട്ടി കണ്ട സ്വപ്നങ്ങൾക്ക് ഇത്രമാത്രം വർണ്ണപ്പുലുമുണ്ടായിരുന്നോ ഇല്ല ഉണ്ടായിരുന്നില്ല എന്റെ സ്വപ്നങ്ങളിൽ വിരിഞ്ഞു നിന്ന ഒരേ നിറമായിരുന്നു മഴമേഘങ്ങളുടെ ഇരണ്ട നിറം ഒരേ ഗന്ധമായിരുന്നു മരവിച്ച് ജീർണിച്ചുപോയ സ്വപ്നങ്ങളുടെ ഗന്ധം എന്താമ്മേ എവിടിയാ ഗൗരി വന്നിരിക്കുന്നു ഞാൻ മുറിയിലുണ്ട് ഗൗരിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ ഗൗരി ഗൗരി സാന്ത്വനമാണ് ആശ്വാസമാണ് അവൾ മാത്രമേയുള്ളൂ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വന്തമെന്ന് പറയാൻ പാറൂ എന്താ ടീ ഹേ ഒന്നുമില്ല വെറുതെ ഇരുന്നപ്പോ ഒന്നാം ഭാഗത്തിലെ അവസാന അധ്യായം അല്ലേ എനിക്കറിയാം എന്താണെന്ന് അങ്ങനെയൊന്നും ഇല്ല ഗൗരി നീ എന്താ പാറു ഇന്ന് കുളിച്ചില്ലേ ഈ മുടിയെല്ലാം കണ്ടിട്ട് ഒരു മാതിരി കൂളിയൊക്കെ കഴിഞ്ഞു നീ ഇരിക്കുന്നത് ഒരാഴ്ച കൊണ്ട് നീ വല്ലാതെ മാറിപ്പോയി പാറു നിനക്ക് തോന്നണതാ ഗൗരി പാറു പഴയ പാറു തന്നെ ഉം നിന്നെ ഞാൻ എത്ര നാളുകൊണ്ട് കാണുന്നതാ നിന്റെ മനസ്സ് അസ്വസ്ഥമാണ് ആ അസ്വസ്ഥതയാണ് വെറുതെയിരുന്നപ്പോ വാക്കുകളായി കടലാസിലേക്ക് പകർന്നത് ശരിയല്ലേ അല്ല പാറു സത്യം പറ നിനക്ക് അവൻ ഇഷ്ടായിരുന്നില്ലേ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാറുണ്ട് എന്ന് പറഞ്ഞ ആ ആളെ എനിക്കറിയില്ല സംസാരിച്ചിരുന്നില്ലേ ഇല്ല ഒരിക്കൽ പോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ ഗൗരി എന്നാലും നിനക്കവൻ ഇഷ്ടമായിരുന്നു എനിക്കറിയാം നിനക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു ഇടക്കൊക്കെ അവനെ കാണണമെന്ന് തോന്നാറുണ്ടായിരുന്നു കാണാതിരുന്ന മനസ്സസ്വസ്ഥമാവാറുണ്ടായിരുന്നു ശരിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഗൗരി അറിയില്ല അറിയില്ല എനിക്കൊന്നും അറിയില്ല കോച്ചിങ് ക്ലാസിൽ പോകുന്നതും വരുന്നതും എല്ലാം നമ്മൾ ഒരുമിച്ചായിരുന്നു അതിനിടയ്ക്ക് നീ അങ്ങനെ ഒരാളെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല പറ എനിക്ക് അദൃശ്യനായി നിന്ന് നിന്റെ മനസ്സിൽ കയറിക്കൂടിയ ആ ചെറുപ്പക്കാരൻ ആരാ വേണ്ട ഗൗരി നീ അവനെ അറിയണ്ട നിറമങ്ങിയൊരോർമ്മയായി അതെന്റെ മനസ്സിൽ തന്നെ കിടന്ന് ഇല്ലാതെയാവട്ടെ അവൻ എങ്ങനെയാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്ന് പോലും എനിക്കറിയില്ല ഗൗരി തികച്ചും യാദൃശികം കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് നീ അവനെപ്പറ്റി പറഞ്ഞപ്പോ എനിക്ക് അത്ഭുതായിരുന്നു ബസ് സ്റ്റോപ്പിലായിരുന്നില്ല നമ്മൾ ബസ്സുകാത്തു നിൽക്കാറുണ്ടായിരുന്നത് ഉം ശരിയാ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന തണൽമരച്ചോട്ടിലായിരുന്നു അവിടെ വെച്ചാണ് അവനെ ആദ്യം കണ്ടത് ഇടക്കിടയ്ക്ക് അവന്റെ നോട്ടം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു ആദ്യമൊന്നും ഞാനതത്ര കാര്യമാക്കിയിരുന്നില്ല പിന്നെയാണ് മനസ്സിലായത് അവൻ ശ്രദ്ധിക്കുന്നത് എന്നെയാണെന്ന് പിറ്റേ ദിവസവും അതേ സ്ഥാനത്ത് അവനുണ്ടായിരുന്നു അപ്പോഴും കാര്യ ഇല്ല അതിനടുത്ത ദിവസങ്ങളിലും അതേപോലെ തന്നെ ഇടയ്ക്കൊരു പതിവായി കാണാറുള്ള സ്ഥലത്ത് അവനെ കാണാതിരുന്നപ്പോൾ കണ്ണുകൾ നാലു ഭാഗത്തേക്കും പാഞ്ഞു പക്ഷേ ഒരു നേർത്ത പുഞ്ചിരിയുമായി അവൻ അല്പമകിലേക്ക് മാറി നിൽക്കുകയായിരുന്നു പിന്നെ പേടിയായിരുന്നു എന്റെ കണ്ണുകൾ അവനെയാണ് അന്വേഷിക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവൂ എന്ന് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ചലനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അവ സ്ഥാനം തെറ്റി നിന്നത് പതിവ് സ്ഥാനത്ത് കാണാതായപ്പോ നിന്റെ മനസ്സ് അസ്വസ്ഥമായി പിന്നെ നിന്റെ കണ്ണുകൾ അവനെ തിരഞ്ഞു നടന്നു ഗൗരി അവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഒന്നും എനിക്കറിയില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പേരുപോലും അറിയില്ല ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല പക്ഷേ കണ്ണുകൾ കൊണ്ട് നിങ്ങളേറെ സംസാരിച്ചു ഈ ഒരു കാര്യം മാത്രം എന്നിൽ നിന്നുപോലും നീ മറച്ചു എന്നെ അത്ഭുതപ്പെടുത്തിയത് നിന്നോട് പറയാൻ മാത്രമുള്ള ഗൗരവമൊന്നും അതിനുണ്ടെന്ന് തോന്നിയിരുന്നില്ല പക്ഷേ പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു നിസ്സാര കാര്യമായിരുന്നില്ലെന്ന് അതെന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അതിനു കാരണം കടുത്ത തീരുമാനങ്ങളാണെന്നും എനിക്കറിയാം ഈ വിവാഹം ഇഷ്ടമാണോ എന്ന് പോലും അച്ഛനോട് ചോദിച്ചിട്ടില്ല എന്റെ മനസ്സറിയാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല അച്ഛൻ പാറു നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ട് അതുകൊണ്ടാണ് അവന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ നിനക്ക് കഴിയാത്തത് പക്ഷെ നോക്ക് നാളെ കഴിഞ്ഞ നിന്റെ വിവാഹമാണ് നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ഗൾഫുകാരൻ തന്നെയാണ് നിന്റെ കഴുത്ത് മിന്നുകെട്ടുക എനിക്കറിയാം അച്ഛന്റെ തീരുമാനം പോലെ തന്നെ എല്ലാം നടക്കുമെന്ന് അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെക്കുറിച്ചുള്ള ഈ ചിന്തകൾ വല്ലതും ബാക്കിയുണ്ടെങ്കി മാറ്റിവെച്ചേക്ക് പുതിയൊരു ജീവിതത്തിന് വേണ്ടി നീ നിന്റെ മനസ്സിനെ മാറ്റിയെടുത്തേ പറ്റൂ എനിക്കറിയാം ഗൗരി പതിനൊന്നാം മണിക്കൂറിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് മനസ്സ് ശുദ്ധമാക്കിയിട്ടേ കതിർമണ്ഡപത്തിലേക്ക് കയറാൻ പാടുള്ളൂ എന്നല്ലേ പറയാറ് എന്റെ മനസ്സിപ്പോ ശുദ്ധമാണ് നന്നായി മനസ്സിൽ അവശേഷിക്കുന്ന കരകളെല്ലാം കഴുകി കളഞ്ഞിട്ടേ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്റെ അമ്മ എപ്പോഴും പറയും സ്വപ്നങ്ങൾ കാണണം പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമാവണമെന്ന് വാശി പിടിക്കരുതെന്ന് അമ്മേ അച്ഛൻ വിളിക്കുന്നോ ഞാനിതേ അടുക്കളയിലുണ്ട് ഇപ്പൊ ഗൗരി അച്ഛൻ മോളേന്ന് വിളിച്ചത് കേട്ടില്ലേ നീ അടുത്തുള്ളത് കൊണ്ടാവു മോളേന്ന് അച്ഛൻ എന്നെ വിളിക്കാറേയില്ല ഞാൻ വരുമ്പോ അച്ഛൻ ഉമ്മറത്തുണ്ടായിരുന്നു ഒന്ന് ചിരിച്ചു പക്ഷെ ഒന്നു ചോദിച്ചില്ല അച്ഛൻ അങ്ങനെയാണ് അച്ഛൻ ആരെയും സ്നേഹിക്കാൻ അറിയില്ലെന്ന് അമ്മ തന്നെ പറയാറുണ്ട് എല്ലായിടത്തും ജയിക്കണം അത് മാത്രേ വിചാരുള്ളൂ അച്ഛന് ഞാനും അമ്മയും വേദനിക്കുമ്പോൾ അത് കണ്ടച്ഛൻ സന്തോഷിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൾഫുകാരന്റെ വിവാഹാലോചന വന്നപ്പോൾ അമ്മയോട് പോലും അച്ഛൻ അഭിപ്രായം ചോദിച്ചിട്ടില്ല അവരുമായിട്ടുള്ള ബന്ധം ആർക്കും ഇഷ്ടമല്ലെന്ന് അച്ഛൻ അറിയാമായിരുന്നു തനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് അച്ഛൻ നടത്തുന്നു അതാണ് ഗൗരി എന്റെ അച്ഛൻ നിന്റെ ജീവിതത്തിന്റെ ഒന്നാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് പാറൂ രണ്ടാം അധ്യായത്തിന്റെ തുടക്കം നീ കണ്ട സ്വപ്നങ്ങളെ പോലെ തിളക്കമുള്ളതാണെങ്കിലോ ഗൾഫുകാരൻ നിനക്കൊരു നല്ല ജീവിതം തരും പാറു അച്ഛനിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം നിനക്ക് അയാളെ തരും ഇതാ നാരങ്ങാവെള്ളം നാരങ്ങാവെള്ള വെള്ളം ചോദിച്ചില്ലേ വെച്ചേക്ക് അപ്പ ആവശ്യണ്ടായിട്ട് ചോദിച്ചതല്ല ആവശ്യണ്ട് ഞാൻ കുടിച്ചോളാം എന്തിനാ കുട്ടി വന്നത് ഏത് കുട്ടി അകത്ത് പാറുവിന്റെ അടുത്തൊരു കുട്ടിയില്ലേ അവള് ആ ഗൗരി അത് അവളോടെ കൂട്ടുകാരിയല്ലേ കുട്ടിക്കാലം തൊട്ടേ അവര് വലിയ കൂട്ടാണ് ആയിക്കോട്ടെ അതിനാ ഇപ്പ വന്നത് എന്തായി ചോദിക്കുന്നത് കല്യാണ വീടല്ലേ കൂട്ടുകാരികളും ബന്ധുക്കളും ഒക്കെ വരാണ്ടിരിക്കോ ചുണ്ടമ്പ്രെ കൃഷ്ണേട്ടന്റെ മോളാ ഗൗരി നിങ്ങൾക്കറിയില്ലേ കൃഷ്ണേട്ടനെ ആരുടെ മോളാരും വേണ്ടിയില്ല വന്നു കേറിയിട്ട് കുറച്ചു നേരമായില്ലേ കല്യാണം കഴിഞ്ഞ പാറക്കുട്ടി അവളുടെ ഭർത്താവിന്റെ കൂടെ ദുബായിക്കു പോകുന്നല്ലേ പറഞ്ഞത് പിന്നെ പഴയ പോലെ നേരിൽ കാണാനും മിണ്ടാനും പറ്റുവോ കല്യാണം നിശ്ചയിച്ചാ കൂട്ടുകാരികള് കാണാൻ വരുന്നത് പതിവാ ഊണ് കഴിച്ചിട്ടേ പോകാവൂന്ന് ഗൗരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയേണ്ടത് രണ്ടിവസം കൂടിയല്ലേ എന്റെ മോളിവിടെ ഉണ്ടാവുള്ളൂ അവളെ കാണാൻ കൂട്ടുകാരികള് വരുമ്പം വരണ്ടാന്ന് പറയണോ വരുന്ന കൂട്ടുകാരികളോടും മിണ്ടരുതെന്ന് പറയണോ പാറുക്കുട്ടിയോട് രണ്ടും എനിക്ക് കഴിയില്ല വേണ്ട നീ വിചാരിച്ച പോലെ അങ്ങോട്ട് നടത്തു എന്താന്ന് വെച്ചാല് ഇവിടെ നിന്ന് വിചാരിച്ച പോലെയൊക്കെ അല്ലേ കാര്യങ്ങള് നടത്തിയെടുത്തത് ദൈവാനുഗ്രഹം ഇനി എന്തിനാ പേടിക്കുന്നത് കാര്യങ്ങള് വിചാരിച്ചെടുത്ത് തന്നെ എത്തിച്ചു അത് എന്റെ കഴിവുകൊണ്ട് തന്നെയാ എന്നും വെച്ച് ഞാൻ കാലും കാലും കയറ്റി വെച്ച് സമാധാനായിട്ടിരിക്കുന്നൊന്നും അമ്മയും മോളും കരുതണ്ട ഗുരുവായൂരെത്തി ഭഗവാന്റെ മുന്നിൽ വെച്ച് മാലിടുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അതിനിടയില് കൂട്ടുകാരാണേലും ബന്ധക്കാരാണേലും വരുന്നതും പോകുന്നതും ഞാൻ ശ്രദ്ധിക്കുക എന്നെ ചെയ്യും ആ എന്തപ്പോ സംശയം കൂട്ടുകാരികളും ബന്ധുക്കളും വന്ന് മോളെ മനസ്സ് മാറ്റിമറിക്കുന്നതാണോ അതുണ്ടാവില്ല എനിക്കൊറപ്പാ എന്റെ മോളെ എനിക്ക് വിശ്വാസാണ് എന്നാ എനിക്ക് വിശ്വാസല്ല ഈ വന്ന കൂട്ടുകാരി എല്ലാത്തിനും ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ആ മരങ്ങോടനായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഈ കൂട്ടുകാരി കൂടെ അറിഞ്ഞിട്ടാവും നടത്തിയതാ എന്ത ഇടപാടുകള് ഇവിടെ കരുന്നത് പോലെ ഒരടപാട് നമ്മളെ മോള് നടത്തിയിട്ടില്ല അവള് എന്നോടെല്ലാം പറഞ്ഞു എന്റെ മോള് കളവ് പറയില്ല ആ ചെറുക്കനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാറുണ്ടായിരുന്നു എന്നല്ലാതെ ഇന്നേ വരെ ഒന്നും വിണ്ടീട്ടുപോലും ഇല്ലെന്നാ പറഞ്ഞത് എന്നിന് ആ ചെറുപ്പക്കാരനെ മരങ്ങോടൻ എന്നൊക്കെ വിളിച്ച് മാനം മര്യാദയായി പണിയെടുത്ത് ജീവിക്കുന്നതല്ലേ അത് എന്നാ പിന്നെ അഭിമാനിയായ ചെറുപ്പക്കാരൻ വിളിക്കാം എന്താ അല്ലെങ്കില് ഒന്നാന്തരം തറവാടിന്ന് വിവരം കേട്ടോടനല്ല ഞാൻ വിവരം കെട്ടത് തന്നെ എന്ന് വെച്ച് നാട്ടിലുള്ളവരൊക്കെ അങ്ങനെ ഇങ്ങനെ പരിഹസിക്കാൻ മാത്രം എന്താ ചെക്കൻ ചെയ്തത് ഒരു ദിവസം ഈ ഉമർത്ത് കയറി വന്ന് പാറുക്കുട്ടീനെ കെട്ടിച്ചു കൊടുക്കുവെന്ന് ചോദിച്ചു കൊടുക്കും എന്നോ കൊടുക്കില്ലാന്നോ ഇവിടുന്ന് പറഞ്ഞില്ല ഒന്നും മിണ്ടാതെ അവന്റെ മുമ്പിൽ നിന്ന് എണീറ്റ് പോന്നു മറുപടി കിട്ടാണ്ടായപ്പം അവൻ വന്ന പോലെ ഇറങ്ങി പോവുകയും ചെയ്തു അതോടെ കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞു നിന്റെ മനസ്സിൽ തോന്നണല്ലേ എനിക്കങ്ങനെ തോന്നില്ല പഴയ കാലല്ലാന്ന് കരുതിക്കൊള്ളൂ മിണ്ടാനും കാണാനും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനും ഒരു വിരൽത്തുമ്പ് മതിപ്പോ ആ ഇപ്പോഴത്തെ ഫോണിന്റെ കാര്യല്ലേ പറയണത് നമ്മുടെ മോൾക്ക് അങ്ങനെ ഒന്നുമില്ലല്ലോ പിന്നെന്തിനാ പേടിക്കുന്നത് ഇല്ലാന്ന് വെച്ചിട്ട് വന്ന കുട്ടിയുടെ കയ്യിൽ കാണാണ്ടിരിക്കുവോ ഫോൺ വിട്ടൊരു കഴിയില്ല ഇക്കാലത്ത് കുട്ടികൾക്ക് അതുകൊണ്ടാണ് മുഹൂർത്തം കഴിയാണ്ട് കാലും മേൽ കാലും കയറ്റി വെച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയണത് എൻ്റെ ഗുരുവായൂരപ്പാ എനിക്കൊന്നും അറിയില്ല അത് തന്നെയാ ഞാനും പറയണത് നിനക്കൊന്നും അറിയില്ലന്ന് എനിക്ക് ഒറപ്പാ ആ മരങ്ങോടനുമായിട്ട് ഇവളിഷ്ടത്തിലായിരുന്നു അല്ലാതെ എന്ത് ധൈര്യത്തില അച്ചമ്പിയാരെ ഉമ്മർത്ത് കയറി വന്നിട്ട് അവൻ പെണ്ണു ചോദിക്ക ഒരു കാര്യവും നീ അറിയില്ല എന്ന് പറഞ്ഞ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഏഹ് പെൺകുട്ടികളുടെ മനസ്സറിയണത് അമ്മമാരോടാണ് അവര് മനസ്സിലൊക്കെ തുറന്നു പറയാ എന്റെ ഈശ്വരാ എന്തൊക്കെയായി പറയണത് സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങള് എന്നിട്ട് ആ ചെക്കിനെ തന്നെയാ കിട്ടുള്ളൂന്ന് അവള് വാശി പിടിച്ചിട്ടൊന്നുമില്ലല്ലോ ഇഷ്ടത്തിലാണെങ്കിൽ ഇങ്ങനെയാവോ ആ ചെക്കിനെ ഇഷ്ടാണെന്ന് ഒരിക്കൽ പോലും അവള് പറഞ്ഞിട്ടില്ല അതെന്താ പറയാനിരുന്നത് അച്ചമ്പ്യാരെടുത്ത് കളി നടക്കില്ലാന്ന് വെച്ചിട്ട് തന്നെ അവളുടെ കാര്യത്തില് കണ്ണ് മാത്രം പോലെ ചേവിയും വേണം മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല വേണ്ട ഞാനൊന്നും പറയുന്നില്ല അതേ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്ന ആ പെണ്ണിനറിയ എല്ലാ വിവരങ്ങളും അത് മനസ്സിലായു നിനക്ക് എന്തെങ്കിലും തീരുമാനങ്ങളായിട്ട് ആ മരങ്ങോടൻ അയച്ചതാണെങ്കിലും അവളെ പെൺകുട്ടികളുടെ മനസ്സറിയാനുള്ള വിവരൊന്നും എനിക്കില്ല ഒരു ശ്രദ്ധ വേണം അതേ ഞാൻ പറഞ്ഞുള്ളൂ ഞാനിതാ ഇവിടെ ഉമർത്തിരിക്കുന്ന ആളാ എനിക്ക് അടുക്കളയിലും മുറിയിലൊന്നും കേറി ഇറങ്ങാൻ കഴിയില്ല ഒളിച്ചും പതുങ്ങി നിന്ന് അവരുടെ വർത്തമാനം കേൾക്കാൻ എനിക്കും കഴിയില്ല പിന്നെ നിനക്ക് എന്താ അടി കഴിയാ ഒന്നും കഴിയില്ല കണ്ണടച്ചിരുന്നോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അപ്പൊ പറഞ്ഞോ ഹലോ ആ ഏട്ടനാ എന്താ ഏട്ടാ ആ ഇവിടെ ഉണ്ട് കൊടുക്കട്ടോ കരുണേട്ടനാ എന്തോ കാര്യം പറയാനാണെന്ന് ഹലോ എന്താ ഹലോ അച്ചുട്ടാ അച്ചുട്ടാ ഞാനാ കരുണനാ നമ്മുടെ സതീഷിനൊരു അപകടം പറ്റി അതെ അവന്റെ കാർ ടിപ്പർ ലോരിയാവിച്ചു എന്നിട്ട് ബാപ്പുവാജിന്റെ തീർത്ഥമിനടുത്ത് വെച്ചാന്നാ പറഞ്ഞത് കാറിന്റെ മുൻഭാഗത്ത് ചില്ലറെ കേടുപാട് പറ്റിട്ടുണ്ട് ഓഹോ എന്നിട്ട് എന്നിട്ടെന്താ നാളെ കഴിഞ്ഞ് നമുക്ക് ഗുരുവായൂർക്ക് പോകണ്ട അല്ലേ വണ്ടി ഉണ്ടാവില്ല അങ്ങനെ സതീഷ് ആശുപത്രിയിലാണ് ചില്ലറെ പരിക്കുകളൊക്കെ ഉണ്ടെന്ന് കേട്ടു ഏതായാലും അവന് വരാൻ പറ്റില്ല ോ ശരിയാവ ശരി അതിപ്പോ വാഹനം ഇല്ലാണ്ട് പറ്റില്ലാലോ ആ എന്താണെന്ന് വെച്ചാ ഏർപ്പാടാക്കാൻ പറഞ്ഞേ പുതിയ ആളാണെങ്കില് വാടകയുടെ കാര്യം പറഞ്ഞുറപ്പിക്കാൻ പറയണം ഇനിയിപ്പോ ഗുരുവായൂർ ചെന്നിട്ട് ചണ്ട കൂടെ ശരി ശരി നമുക്ക് പറ്റിയ ആളെ തന്നെ അവൻ ഏർപ്പാടാക്കി തരും എന്താ ഏട്ടം പറഞ്ഞത് സതീശൻ വരില്ലെന്നാ അവൻ എന്താ പറ്റിയത് കേട്ടത് ഒരു നല്ല വാർത്തയല്ല ആദ്യത്തിലേ മുടക്കം ഉം സാരല്യ സതീശന് വരാൻ പറ്റില്ല അവന്റെ വണ്ടി ഇടിച്ചു അവൻ ആശുപത്രിയിലാണും പോലും അയ്യോ കഷ്ടായല്ലോ പാവം ചെക്കനാ അവന്റെ ഒപ്പം എവിടെ വേണേലും വിശ്വസിച്ച് പോകാം ഉം വാടകയുടെ പേശൂല്ല അതാ അവന്റെ ഗുണം വേറെ ഒരാളെ ഏർപ്പാടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ വരുന്നത് ഏത് തിരക്കാരനാണെന്ന് പാർക്കാറിയ അങ്ങനെ ആരെങ്കിലും അവൻ പറഞ്ഞയക്കോ നമുക്ക് പറ്റിയ ആളെ തന്നെയാവും കുട്ടി എണീറ്റില്ലേ എണീറ്റു കുളിമുറിയിൽ കയറി കൊണ്ടോ എടുത്തു വെക്കണം എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ഇന്നൊരു രാത്രിയില്ങ്ങും അതിനുള്ള അത്യാവശ്യം അടുത്ത് കയറണ്ടേ തിരിച്ചു വരുമ്പോടെ വരില്ലേ അപ്പൊ തിരിച്ചു വരുമ്പം വീട്ടില് കയറണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എഴുത്തിയമ്മ ഗുരുവായൂർ വരെ ചെന്നിട്ട് അവിടെ കയറാതെ പോകുന്നു പറഞ്ഞ മോശം ആവില്ലേ ഒരു മോശം ഇല്ല വിളിച്ചു തൊഴാനോ ഭയം ഇരിക്കാനോ അല്ലല്ലോ ഗുരുവായൂർക്ക് പോണത് ഏടത്തമ്മേടെ എടുത്തി തന്ന ഒരു ദിവസം അവിടെ നിൽക്കാൻ പറയും കാറും ഡ്രൈവറേയും അങ്ങനെ കാര്യൊന്നും ഇല്ലാണ്ട് ഒരു ദിവസം പിടിച്ചിരുത്താൻ പറ്റുമോ അപ്പോ വാടക മാത്രം മതിയാവില്ല വെയ്റ്റിംഗ് ചാർജും വേണ്ടിവരും സതീശനല്ല ഡ്രൈവറ് പുതിയ ആള് എ തരക്കാരനാണെന്ന് എങ്ങനെയാ അറിയാം അങ്ങനത്തെ പ്ലാൻ ഒന്നിപ്പോൾ വേണ്ട മാലിട്ട് സദ്യയും അവളും ചെക്കന് അവരുടെ വീട്ടിലേക്ക് പോകും പിന്നെ താമസം ഉണ്ടാവില്ല ഓട്ടത്തിരിക്കുക അതന്നെ പരിപാടി വിളിക്കുമ്പോൾ ഞാൻ ഇതന്നെ പറഞ്ഞോളൂ എന്താ അച്ഛൻ പറഞ്ഞിട്ടു പോയത് കൂടെ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെക്കണം അപ്പൊ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു പിന്നെന്തിനാ അവിടെ താമസിക്കുന്നത് ചടങ്ങുകൾ കഴിഞ്ഞാ പിന്നെ നീ പോവില്ലേ നിന്റെ പുതിയ വീട്ടിലേക്ക് വല്യമ്മയുടെ അടുത്ത് ഒരു ദിവസം നിന്നിട്ടേ മടങ്ങുള്ളൂന്നല്ലേ അമ്മ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നു കല്യാണം നിശ്ചയിച്ച് അന്ന് തന്നെ വല്യമ്മ അച്ഛനോട് പറഞ്ഞിരുന്നു രണ്ടു ദിവസം അവിടെ നിന്നിട്ടേ പോരാവൂന്ന് ഒരു ദിവസം എന്തായാലും നിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും വേണ്ടാന്ന് അച്ഛനിപ്പം പറയണത് ആയിക്കോട്ടെ അച്ഛന്റെ തീരുമാനങ്ങളല്ലേ അത് വല്യ കഷ്ടം തന്നെയല്ലേ അമ്മേ വല്യമ്മ തനിച്ചല്ലേ ആ വീട്ടില് അമ്പലത്തിൽ തന്നെ നിങ്ങള് തിരിച്ചു പോന്ന അത് വിഷമാവില്ലേ അത് ആലോചിക്കേണ്ടത് അച്ഛനല്ലേ വല്യമ്മേനെ പറ്റി പറയുമ്പോ അച്ഛന് നൂറ് നാക്കാണ് അവിടെ ഒരു ദിവസം നിക്കണെന്ന് പറഞ്ഞപ്പ ഇതാ ഇങ്ങനെ വല്യച്ഛൻ വല്ല്യമ്മേനെ തറവാട്ടിലേ കെട്ടിക്കൊണ്ടുവരുമ്പഴേ നിന്റെ അച്ഛൻ അന്ന് നടന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളു പോലും അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടായിരുന്നത് വല്യമ്മ ആയിരുന്നോന്ന് കേട്ടിട്ടുണ്ട് പിന്നെന്താ അച്ഛനെപ്പോ ഇങ്ങനെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ മോളെ വാശിയും ദേഷ്യവും അച്ഛന്റെ അടുത്തുനിന്ന് പോയിട്ടേയുള്ളൂ മറുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ ആർക്കും അച്ഛൻറെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതാണ് ശെരി അതല്ലേ അമ്മേ എന്റെ കാര്യത്തിലും ഉണ്ടായത് തെറ്റായാലും ശരിയായാലും അച്ഛന്റെ തീരുമാനം എല്ലാരും അംഗീകരിക്കുക വേണ്ട മോളെ ഇനി അതൊന്നും പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കണ്ട തീരുമാനിച്ചു കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഒക്കെ നല്ലതിനാണെന്ന് ആശ്വസിക്കും മോളുടെ നന്മയല്ല അച്ഛൻ ആഗ്രഹിക്കുന്നത് അതെനിക്ക് അറിയാം അച്ഛൻ കരുതുന്നതുപോലെ ആ ചെറുപ്പക്കാരനുമായിട്ട് ഒരു ബന്ധുണ്ടായിരുന്നില്ല റോഡില് വെച്ച് കണ്ട പരിചയം മാത്രം എല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ നീ എന്റെ മോളല്ലേ എനിക്കറിയില്ലേ നിന്നെ പക്ഷെ അച്ഛൻ അച്ഛൻ മാത്രം മനസ്സിലാക്കാതെ പോയല്ലോ അമ്മേ ഗൾഫെന്ന് കേട്ടപ്പോ അച്ഛന്റെ മനസ്സ് നിറഞ്ഞു ഗൾഫുകാരന്റെ തറവാടിനെ പറ്റി കേട്ടപ്പോ പിന്നെ ഒന്നും ആലോചിക്കേണ്ടെന്നായി അതല്ല അമ്മ ഉണ്ടായത് കല്യാണം കഴിഞ്ഞ് അടുത്ത ആഴ്ച തന്നെ ദുബായിലേക്ക് അങ്ങനെയല്ലേ തീരുമാനം എന്റെ മോളെ അമ്മ അതൊക്കെ മറക്കായിരുന്നു എണ്ണി പെരുക്കി പറഞ്ഞു അമ്മയുടെ മനസ്സ് നീ വേദനിപ്പിക്കരുത് എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണ്ട അമ്മേ ഞാൻ ദുബായിക്കു പോണ്ടത് അച്ഛനും അമ്മയും എന്റെ കൂട്ടുകാരും ബന്ധുക്കളും എനിക്ക് നഷ്ടപ്പെടില്ലേ ഗോയിന്ദമന്റെ ശാമ്പളെടുത്തിയ പോലെ രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോ അഞ്ചോ പത്തോ ദിവസത്തേക്ക് ഞാനും നാട്ടില് വരും ഒരു വിരുന്നുകാരിയായിട്ട് ഓണം വിഷും ഒന്നും ഒന്നും ഉണ്ടായിന്നു വരില്ല ചാത്തൻകുട്ടിയുടെ തറവാട്ടിലെ ആറാട്ട് കൊയിലോത്തമ്പലത്തിലെ പാട്ടുത്സവം വെളുപ്പൂരമ്പലത്തിലെ ശിവരാത്രി എനിക്ക് നഷ്ടാവില്ല അമ്മേ എനിക്ക് മണ്ണിനെയും ഇവിടുത്തെ ആളുകളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മേ മോളുടെ നന്മയല്ല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 കല്യാണം കഴിഞ്ഞ് അടുത്ത ആഴ്ച തന്നെ ദുബായിലേക്ക് അങ്ങനെയല്ലേ അമ്മേ തീരുമാനം എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണ്ട അമ്മേ ഞാൻ ദുബായിക്ക് പോണ്ടത് അച്ഛനും അമ്മയും എന്റെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ എനിക്ക് നഷ്ടപ്പെടില്ലേ ഗോയിന്ദമാമന്റെ ക്ഷ്യാമളെടുത്തിയ പോലെ രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോ അഞ്ചോ പത്തോ ദിവസത്തേക്ക് ഞാനും നാട്ടില് വരും ഒരു വിരുന്നുകാരിയായിട്ട് ഓണവും വിഷും ണ്ടായിന്നു വരില്ല ചാത്തൻകുട്ടിയുടെ തറവാട്ടിലെ ആറാട്ട് കൊയിലോത്തമ്പലത്തിലെ പാട്ടുത്സവം വെളുപ്പൂരമ്പലത്തിലെ ശിവരാത്രി എനിക്ക് നഷ്ടാവില്ല അമ്മേ എനിക്ക് മണ്ണിനെ ഇവിടുത്തെ ആളുകളെ അത്രയ്ക്ക് ഇഷ്ടാണമ്മേ എന്റെ മോളെ നീയൊന്നും ഇണ്ടാതിരിക്കേ ഒന്നും നിനക്ക് നഷ്ടാവില്ല ശരിയാണ് ഒക്കെ ദുബായിൽ ഉണ്ടാവും വിഷുവും ഉത്സവങ്ങളൊക്കെ ദുബായിൽ ഉണ്ടാവും ദുബായിലും മലയാളി അസോസിയേഷന്റെ വലിയ ഓണാഘോഷം ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു അച്ഛന്റെ ഗൾഫുകാരൻ ഏതായാലും ശീതീകരിച്ച ഹാളിലെ ആഘോഷ അല്ലേ കോടമഞ്ഞും തണുപ്പും കാലാവസ്ഥയൊന്നും അവിടെ അമ്മേ ഹാ അമ്മക്ക് ഇവിടെ മുറിയിലിരുന്ന് കാണാം മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ അച്ഛന്റെ മോള് ഡാൻസ് ചെയ്യുന്നത് അമ്മയെ വേദനിപ്പിക്കില്ല ഞാൻ പറയുന്നതല്ല അമ്മേ ഗൾഫുകാരൻ ചെക്കൻ പെണ്ണാണോ വന്നപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ കേട്ട് അച്ഛൻ അഭിമാനത്തോടെ തലയർത്തിപ്പിടിച്ചിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ മോൻ ചായ കുടിക്കേടാം വെള്ളം വേണോ ഈ ചൂടിന് വെള്ളാ നല്ലത് മുളേ കുറച്ച് നാഴങ്ങ കൊള്ളം എടുക്കാൻ പറയാമേട് ഏഹ് വേണ്ട വേണ്ട ചായ മതി നല്ല ചൂടാല്ലേ ദുബായില് ഞാൻ താമസിക്കുന്നടുത്ത് കുറവാണ് ആ റാസൽ കൈമ നമ്മുടെ കേരളം പോലെ സുഖമുള്ള കാലാവസ്ഥയാള് പിന്നെ എ സിയിൽ അല്ലേ ഇവളുടെ ഒരമ്മാവന്റെ മോളുണ്ട് ഗൾഫില് മോളേ ശ്യാമേ ഖത്തറില് ആ ഖത്തറും നല്ല സ്ഥലം തന്നെ ഈ പുസ്തകം പാർക്കുട്ടി വെച്ചോളൂ എന്താ ഇത് ദുബായിയെ പറ്റിയൊരു പുസ്തകം എല്ലാ വിവരങ്ങളും ഈ പുസ്തകത്തിലുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ദുബായിലാണ് കേട്ടിട്ടില്ലേ ബുർജ് ഖലീഫ അതിന്റെ ചിത്രമാണ് ഈ പുസ്തകത്തിന് പുറംചട്ട കേട്ടിട്ടുണ്ട് ഈ കെട്ടിടത്തെ പറ്റി നൂറ്റി അമ്പത്തിനാല് നിലകളാണേണ്ട ഞാനോ ഞാൻ അകത്ത് കയറിയിട്ടുണ്ട് നമുക്കൊരുമിച്ചൊരു ദിവസം പോകാം അങ്ങനത്തെ ആശയൊന്നും എനിക്കില്ല അച്ഛനും അമ്മയും നിർബന്ധമായും അവിടെ വരണം ഞാൻ വിസ അയക്കുന്നുണ്ട് പിന്നെ മലയാളികൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് ദുബായ് ആ പാറു ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് ആ പിന്നെ ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ നന്നായിട്ട് കളിക്കും അറിയില്ല അപ്പൊ എനിക്കൊന്ന് പേരെടുക്കാം ഞാൻ സെക്രട്ടറിയാണ് മലയാളി അസോസിയേഷനെ ആ എന്തായാലും അത് നന്നായി വലിയ വല്യ സ്ഥാനങ്ങളിരിക്കണം അപ്പോഴാ നമുക്കൊരു വിലയുണ്ടാവും സംസാരിച്ചിരിക്കേ പാറ കുട്ടി ആരെങ്ങനെയോ പേരിട്ടത് അത് അച്ചമ്മയുടെ പേര് പാർവതി എന്നാ പാറു പാർവതി ഗണേശൻ ഗണേശെന്നാ എന്റെ പേര് ഓണാഘോഷത്തിന് അനൗൺസ് ചെയ്യാനൊക്കെ ഭംഗി പാർവതി ഗണേശൻ എന്നല്ലേ ഭരതനാട്യം പാർവതി ഗണേശൻ മോഹിനിയാട്ടം പാർവതി ഗണേശൻ എന്താ എന്താ ഒന്നും പറയാത്തത് ഒന്നുമില്ല അതെ എന്നെ ഇഷ്ടായില്ലെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല എനിക്ക് അധികം ലീവില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കല്യാണം എന്ന ഡിമാൻഡ് വെച്ചത് കല്യാണം കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മൾ ഇവിടെ കാണും പിന്നെ പറക്കും ദുബായിക്ക് എന്താ ഒന്നുമില്ല ഗ്രാമത്തിൽ വളർന്നതിന് കുഴപ്പം നല്ലപോലെയുണ്ട് പാറുന്നു കുഴപ്പമില്ല ദുബായ് പാർവിന് മാറ്റി എടുത്തോളൂ ദുബായ് ഇഷ്ടല്ലേ ഇഷ്ടക്കേടൊന്നും ആഹ് എന്നാ ഞാനിറങ്ങിക്കോട്ടെ ഇനി നമ്മൾ കാണുന്നത് ഗുരുവായൂർ വെച്ചായിരിക്കും ആ പുസ്തകം നല്ലപോലെ ഒന്ന് നോക്കിക്കോളൂ താമസിക്കാൻ പോകുന്ന സ്ഥലത്തെ ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതല്ലേ ശരി പൊങ്ങച്ചം കൂടുതലാണ് ഗൾഫുകാരന് ആ വേഷം വർത്താനും എല്ലാം അച്ഛന് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് ഗൾഫുകാരൻ മരുമകന്റെ പെരുമ എത്ര പറഞ്ഞിട്ടും മതിയാവാത്തത് ഗൾഫുകാരന്റെ തറവാട്ടു ചരിത്രം മുഴുവൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അച്ഛൻ അന്ന് മുതല് തുടങ്ങിയിരിക്കുക അവരുടെ തറവാടിന്റെ പെരുമ പറച്ചില് അച്ഛനെ നിനക്കറിയില്ല മോളെ അമ്മേ ഈ പൊങ്ങച്ചത്തിന്റെ ഒക്കെ സ്വന്തം മകളുടെ ഭാവി ഞെരിഞ്ഞ അച്ഛൻ അറിയുന്നില്ലേ മോളെ നമ്മൾ പെണ്ണുങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് പോലെയൊന്നും ജീവിക്കാൻ കഴിയില്ല നമ്മൾക്ക് വീട്ടുകാർ കാണിച്ചു തരുന്ന വഴിക്ക് നടക്കുക അതും മുള്ളു വിതറിയതാണെങ്കിലും പൂക്കള് വിരിച്ചതാണെങ്കിലും അതൊക്കെ പണ്ടായിരുന്നില്ലേ അമ്മേ ഇപ്പൊ അങ്ങനെയാണോ പെണ്ണുങ്ങൾ വിചാരിച്ച പോലെയും കാര്യങ്ങൾ നടക്കുന്നില്ലേ പക്ഷെ എനിക്കൊരു പരാതിയില്ല അച്ഛൻ കാണിച്ചു ആളുടെ മുമ്പില് ഞാൻ തല കൊടുത്തോളാം എന്റെ മോളെ നീ മെപ്പോലെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിനിടയില് അമ്മ എന്തൊക്കെ അനുഭവിച്ചെന്നറിയോ ആനേനെ പന്തിയിലിട്ട് ചട്ടം പഠിപ്പിക്കുന്നത് പോലെ എടവും വലവും നിന്ന് പഠിപ്പിക്കായിരുന്നു സ്വന്തമായിട്ട് ആഗ്രഹങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ലാത്തൊരു ജീവിതം അച്ഛൻ അന്നും ഇന്നും ഒരുപോലെയാണ് മനസ്സിൽ എന്താണോ തോന്നിയത് അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നടത്തിയിട്ടേ പിന്നെ വിശ്രമമുള്ളൂ അതുകൊണ്ട് ആർക്കെങ്കിലും വിഷമം ഉണ്ടാവോ ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊന്നും അച്ഛന് നോട്ടല്ല അമ്മേ അച്ഛന്റെ ഒരേ ഒരു മോളല്ലേ ഞാൻ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണെന്ന് ആദ്യം തോന്നണ്ടത് അച്ഛന്റെ മനസ്സിലല്ലേ ആദ്യം നിന്നെ ചോദിച്ചു വന്ന ആ ചെറുക്കനെ ഇഷ്ടപ്പെടാത്തത് അതൊന്നും അല്ല അമ്മേ കാരണം ഗൾഫുകാരനെ നേരിട്ട് തന്നെയല്ലേ വന്നത് കൂടെ പേരനൊരു ബന്ധു അങ് ദുബായിലാണ് നാട്ടിൽ രണ്ടു നില വീടുണ്ട് കാറുണ്ട് വലിയ തറവാട്ടുകാരാണ് ഇതൊക്കെ കേട്ടപ്പോ അച്ഛനും മറ്റൊന്നും ആലോചിക്കേണ്ടെന്നായി മകളുടെ ഭർത്താവിനെ പറ്റി പറഞ്ഞു കടക്കാൻ ഒരു വലിയ മേൽവിലാസം വേണം പെരുമ കേട്ട തറവാട് വേണം അത്രയൊക്കെ മതി അച്ഛന് വന്ന ആളുകളുടെ സ്വഭാവം എന്താണെന്നോ ഏത് തരക്കാരാണെന്നോ അത് അറിയേണ്ട ആവശ്യമില്ലാലോ അതെ അയാളെ കാണുന്നില്ലാലോ ഒന്ന് വിളിച്ചു ഓർമ്മിക്കാറില്ലേ രാഹു കാലത്തിനുമ്പ് ഇറങ്ങണമെന്ന് അയാൾ പ്രത്യേകം പറയണം ആരെ കരുനാടനല്ലേ ഏട്ടൻ വന്നോളൂ വന്നോളൂ വന്നോളൂ അയാളുടെ സമയവും മുഹൂർത്തവും നോക്കി വന്നാ പോരല്ലോ നേരത്തെ എത്തണം അയാളുടെ പ്രത്യേകം പറഞ്ഞോ ഞാൻ ചായ എടുത്തു വെക്കട്ടെ ഏട്ടൻ ചായ കുടിച്ചിട്ടുണ്ടാവില്ല ഞങ്ങള് വൈകിട്ടൊന്നുമില്ലല്ലോ എപ്പളാ ഇറങ്ങേണ്ടത് ആ ആയി തുടങ്ങുന്നു ഏട്ടൻ ചായ എടുക്കട്ടെ വേണ്ട ഞാൻ കുടിച്ചിട്ടാ വന്നത് അല്ല ഏതാ വണ്ടി സതീശന്റെ വണ്ടി പോലെ തന്നെ ഒരു വണ്ടി ണെങ്കിൽ അവനെ പോലെ ഒരു ചെറുപ്പക്കാരൻ ആ ഡ്രൈവറെ ഇങ്ങോട്ട് വിളിക്കാട്ടാ ചായ കൊടുക്കായിരുന്നു വിളിച്ചതാ വെങ്ങളെ വരുന്നില്ല പറഞ്ഞു ഈ വണ്ടിയാണോ യാക്കിപ്പവസാനം കിട്ടിയത് വേണ്ട ഈ വണ്ടി വേണ്ട അതെന്താ ഈ വണ്ടി വേണ്ട അവന്റെ വണ്ടി പോലെ തന്നെ നല്ല കണ്ടീഷൻ ആണെന്നാണ് സതീശൻ പറഞ്ഞത് വേണ്ട എന്തു നന്മണ്ടെങ്കിൽ ഈ വണ്ടി വേണ്ട വണ്ടിക്കാരനെയും വേണ്ട പറഞ്ഞു വിട്ടേക്ക് വേറെ വണ്ടിയും വണ്ടിക്കാരനെയും ഉറപ്പാടാക്കാൻ സതീശിനോട് പറഞ്ഞ എന്താ ഈ പറയുന്നത് രാഹു കാലത്തിനു മുമ്പേ ഇറങ്ങണ്ടേ സതീഷ് ആശുപത്രിയിലാണ് അവനെ ചെന്ന് കണ്ടുപിടിച്ച് വണ്ടി മാറ്റാനും പിടിക്കാനും ഒക്കെ ഇനി സമയം ഉണ്ടോ അതൊന്നും എനിക്കറിയേണ്ട കാര്യല്ല ഈ വണ്ടിയിൽ യാത്ര ഇല്ല അത്ര ഈ വണ്ടിക്ക് എന്താ കൊഴപ്പെന്ന് പറഞ്ഞില്ല വണ്ടി ഗുരുവായൂർ എത്തില്ല അതന്നെ കുഴപ്പം നീപ്പെന്താ അറിയേണ്ടത് എനിക്ക് ഈ പറയുന്നൊന്നും മനസ്സിലാവില്ല ഗുരുവായൂർ ഓട്ടം പോയി നല്ല പരിചയ ഡ്രൈവറാണ് മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി തരാനൊന്നും എനിക്കാവില്ല നല്ലൊരു എന്താമ്മേ എന്തിനാ അച്ഛൻ ദേഷ്യപ്പെടുന്നത് അച്ഛൻ എവിടേക്കിറങ്ങി പോയത് പുറത്തേക്കൊന്നും പോവില്ല തൊടിയിൽ രണ്ടുചാലും നടന്നു കയറി വന്നോളും ആ പിന്നെ സതീശൻ പറഞ്ഞയച്ച വണ്ടിയിൽ ഗുരുവായൂർക്ക് പോകാൻ പറ്റില്ലെന്ന് വണ്ടിക്ക് എന്താ അമ്മേ കുഴപ്പം വണ്ടിയല്ല വണ്ടിക്കാരനെയാ പറ്റാത്തത് നീ കണ്ടില്ലേ അയാളെ ആ പടിവാതിൽക്കല്ക്കണല്ലേ ഞാൻ കണ്ടു വണ്ടിയും കണ്ടു എന്താ അമ്മേ ആ വണ്ടി പോയാല് ഒരു ടാക്സിക്കാരൻ നമ്മളെ ഗുരുവായൂർക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു അയാള് നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടിയിടിച്ചു കൊല്ലുന്നാണോ അച്ഛന്റെ പേടി സൗജന്യ യാത്ര അച്ഛൻ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഓട്ടം കഴിഞ്ഞ് തിരിച്ചുപോകുമ്പോ വാടക കൊടുക്കുന്നതോടെ കഴിഞ്ഞില്ലേ അമ്മേ അയാളുമായിട്ടുള്ള ബന്ധം മോളെ അച്ഛൻ പറയുന്നതിലും കാര്യല്ലേ ഒരു കാര്യമില്ല അമ്മേ ഇവിടം വരെ എത്തിച്ചില്ലേ അച്ഛൻ ഇനി എന്തിനാ പേടിക്കുന്നത് വിചാരിച്ച സമയത്തിന് മുമ്പ് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കില് പിന്നെ അതാവും പ്രശ്നം എന്താ സരസോ ഇയാളീ പറയുന്നത് ഞാനിന്റെ എവിടെ പോയിട്ടാ പുതിയ വണ്ടിയും ഡ്രൈവറേയും കൊണ്ടുവരണ്ടത് ഏട്ടാ ഇത് ഇങ്ങോട്ട് വരുന്നുണ്ട് വേണ്ട വേണ്ട വേണ്ട ആരും ഒന്നും വേണ്ട രാഹു കാലം തെറ്റിക്കണ്ട കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാല് വണ്ടിയിൽ എടുത്തു വെക്ക അത് എന്തെങ്കിലും വിഷമം തോന്നുകയാണെങ്കില് ഗുരുവായൂർ ഈ വണ്ടി തിരിച്ചയക്കാം അവിടുന്ന് വേറെ വണ്ടി വിളിക്കാലോ പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല ഇത്തിരി വിശ്രമിക്കാലോ രാത്രിയില് കൂത്തമ്പലത്തില് എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവും അങ്ങനെ നേരത്തെ വെച്ചിട്ട് സ്പീഡ് കൂട്ടൊന്നും വേണ്ട സാവകാശത്തിന് മതി കൂട്ടണ്ട ഡ്രൈവർക്ക് ഊണ് അത്ര വെടിപ്പായിട്ടുണ്ടാവില്ലല്ലേ എന്തെങ്കിലും കടിച്ചു വരയ്ക്കാനില്ലെങ്കിൽ ഊണ് കഴിച്ചത് അവർ തോന്നില്ല ഹോട്ടലിന്റെ മുമ്പിൽ വലിയ ബോർഡും അകത്ത് കാണാന്നല്ല പത്രാസം ഉണ്ടായിട്ട് കാര്യമില്ല സാമ്പാർ എന്ന് പറഞ്ഞ വിളമ്പിലെന്താ ഔ കരിക്കം കലക്കിയ ഒരു വെള്ളം എന്നിട്ടും രണ്ടാം വട്ടം ചോറ് വാങ്ങിച്ചോ രാത്രി ഇടിച്ച് വിശപ്പ് കൂടുതലാ അല്ലാത്തപ്പോഴും കഴിക്കുന്നതിന് കുറവൊന്നും കാണാറില്ല മോളൊന്നും കഴിച്ചില്ലല്ലേ സരസോ ഞാൻ ശ്രദ്ധിച്ചു പേരിന് ഇലയുടെ മുമ്പിൽ ഒന്നിരുന്ന് എഴുന്നേറ്റു വഴിക്ക് തട്ടുകടകൾ കാണും ഏതെങ്കിലും ഒന്നിനു മുമ്പിൽ നിർത്താം ചായയും പലഹാരവും ഇനി അധികം ദൂരം വേണ്ട പറ്റി എന്താ കാർ നിർത്തിയത് കാണുന്നില്ലേ മുമ്പിൽ നാൽക്കാലി കൂട്ടം റോഡ് മുറിച്ചു കിടക്കണത് ഓഹ് മുമ്പൊക്കെ കൂട്ടം കൂട്ടായിട്ട് ചുരം ഇറക്കി കൊണ്ടു വരാറുണ്ടായിരുന്നു നാൽക്കാലികളെ ഇപ്പൊ അങ്ങനെ ഒരു കാഴ്ചയില്ല അമ്മാവനും മയങ്ങി തുടങ്ങിയെന്ന് തോന്നുന്നു അച്ഛനും അമ്മയും നേരത്തെ തന്നെ മയക്കത്തിലാണ് ഇപ്പോൾ കാറിനകത്ത് ഉണർന്നിരിക്കുന്നത് ഞാനും അവനും മാത്രം മുമ്പിലെ കണ്ണാടി എനിക്ക് നേരെയാണ് തിരിച്ചുവച്ചിരിക്കുന്നത് അതിലെന്റെ മുഖം തെളിഞ്ഞു കാണുന്നുണ്ടാവും അവൻ എന്നോടെന്തെങ്കിലും പറയാനുണ്ടാവും ഹോട്ടലിൽ കൈകഴുകുമ്പോൾ അടുത്തേക്ക് വന്നത് അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയായിരിക്കും അന്ന് അന്ന് വീട്ടിൽ കയറി വന്നതും അച്ഛനുമായി സംസാരിച്ചതും എന്ത് ധൈര്യത്തിലാണ് ഓർക്കുമ്പോ ഇപ്പോഴും പേടിയാണ് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെ നേരിട്ട് വന്ന് ചോദിക്കേണ്ട കാര്യമല്ലെന്നറിയാം എനിക്കങ്ങനെ വരാനും ചോദിക്കാനും അമ്മ മാത്രമേ ഉള്ളൂ പറയൂ എനിക്ക് എനിക്കിവിടത്തെ കുട്ടിയെ ഇഷ്ടമാണ് അത് കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട് ഓ പെണ്ണു നേരിട്ടോന്ന് ചോദിക്കലല്ല മര്യാദ എന്നറിയാം പെണ്ണു ചോദിക്കുന്നതിന് മര്യാദ ാണ് കാറ് സ്വന്തമായിട്ടുണ്ട് ഓ നല്ല കാര്യം നല്ല കാര്യം ആ പിന്നെ ഇവിടത്തെ കുട്ടി ഡിഗ്രി കഴിഞ്ഞിരിക്കണമുണ്ട് അറിയാം വെച്ച് കാണാറുണ്ട് നിങ്ങൾ തമ്മില് ഇഷ്ടത്തില് മറ്റോ എനിക്കിഷ്ടമാണ് കുട്ടിക്കോ കുട്ടിക്കിഷ്ടമാണോ ഇയാള് അതറിയില്ല ശരി വരാ ഉദ്വാനറിയോ നീ ഇറങ്ങി ചെല്ലൊന്നും വേണ്ട ഈ ജല്ലിക്കൂട് നോക്കിയാ മതി കണ്ടിട്ടുണ്ട് അത്രല്ലേ ഉള്ളൂ എന്താ കാര്യം ഇവളെ അവന് കെട്ടിച്ചു കൊടുക്കണം കേട്ടോ സ്വന്തമായിട്ട് കാറും ഉണ്ടത്ര പറഞ്ഞു എന്താ പറയേണ്ടത് ഒന്നും പറയാൻ വേണീട്ട് പോരേ കുടിക്കാൻ എന്തേലും കൊടുക്ക വീട്ടിൽ കയറി വന്നാലല്ലേ എന്തെങ്കിലും ഒന്നും പറയേണ്ടതായിരുന്നില്ലേ പറഞ്ഞാലേ എന്റെ നിയന്ത്രണം വിട്ടുപോ ആരുടെ മുമ്പിലാ വന്നിരിക്കണതെന്ന് അവൻ അറിയില്ല ഇല്ല ഞാൻ ഒന്നും പറയില്ല ആ പിന്നെ വെള്ളം നീ കൊണ്ടുകൊടുത്താ മതി ഇവിടെ അയക്കണ്ട വെള്ളം ഒന്നും എടുക്കണ്ട ആ ചെക്കൻ അത ഇറങ്ങി പോകുന്നു നന്നായി എന്താണോ പെട്ടെന്ന് ഒരു കുട്ടി വിലങ്ങനെ ഭാഗ്യത്തിൽ കിട്ടിയത് ഓ ഗുരുവായൂർ കാത്തു തട്ടി എന്താവു അവസ്ഥ അന്ന് അന്ന് വീട്ടി വന്നപ്പോ അച്ഛൻ അപമാനിച്ചു വിട്ടതാണ് മാപ്പ് ചോദിക്കേണ്ടതായിരുന്നു അച്ഛൻ അപമാനിച്ചതിന് പിന്നെ ബസ് സ്റ്റാൻഡ് പരിസരത്തൊന്നും കണ്ടില്ല ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് കാണുന്നത് അതും വളരെ അടുത്ത് പക്ഷേ അകന്നുപോയ മനസ്സുകളുമായി ഒരേ ദിശയിലേക്കുള്ള യാത്ര വേണ്ടേ വേണ്ടമ്മേ ഒരു ഏതേലും ചായക്കട കണ്ടാ അവർത്തിക്കോളൂ ഇയാള് പേരു പോലും ചോദിച്ചില്ല ഒരു പേരുണ്ടാവില്ലേ ഡ്രൈവർക്ക് എന്റെ പേര് പ്രവീൺന്നാണ് പ്രവീൺ സതീഷിന്റെ ആരെങ്കിലും ആണോ ബന്ധമൊന്നുമില്ല അടുത്ത കൂട്ടുകാരാണ് പ്രവീണന്റെ വീട് എവിടെയാ അത്താണിക്കല് വടക്കേപ്ര അമ്പലത്തിന്റെ അടുത്താ അവിടെയൊക്കെ എനിക്കറിയാലോ എന്റെ പരിചയക്കാരും ബന്ധുക്കളും ഉണ്ട് വടക്കേപ്ര അമ്പലത്തിന്റെ അടുത്ത് അവിടെ കൂടെ പഠിച്ച കുട്ടിയുണ്ട് കുട്ടിയല്ല പഠിക്കുന്ന കാലത്ത് എന്ത് കുട്ടി ഇപ്പൊ പ്രായം ഉണ്ടാവും എനിക്കൊരു ചേച്ചി കൂടെയുണ്ട് ഭർത്താവിന്റെ കൂടെ മംഗലാപുരത്താണ് അളിയനോടെ മരിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു കാണിക്കാർ തെറ്റില്ലാത്ത തറവാട്ടുകാരല്ലേ നല്ല സ്വത്തുണ്ട് എന്നിട്ട് എന്താ പണിയിലൊന്നും ശ്രമിച്ചോണ്ടിരിക്കടമെടുക്കാ നീ പറഞ്ഞാ ശരി പണിയെടുക്കാൻ കഴിയുന്ന കാലത്ത് പണിയെടുക്കണം എന്ത് പണിയാണ് നോക്കട്ടെ വെറുതെ ഇരുന്ന് ഉണ്ണരുത് അതെന്നെ കാര്യം കുഞ്ഞി പിണ് അന്വേഷേ കല്ലുടിക്ക് കയറണെന്ന് പറഞ്ഞാ അവക്ക് മനസ്സിലാവും പിന്നെന്താ പറയാലോ അതാ ഒരു ചായക്കട നുത്തിക്കോളൂ അമ്മാവാ അച്ഛൻ എവിടെ കൃഷ്ണനുണ്യ കാണന്ന് പറഞ്ഞ ഓഫീസിലേക്ക് പോയി അയാൾക്ക് വരിയേക്കാരുണ്ട് ഇടയ്ക്കൊക്കെ വരുന്നല്ലേ അമ്മേ ഞാൻ കയ്യും മുഖവും കഴുകിട്ട് വരാം ശ്രദ്ധിക്കണേ മോളെ കുളിമുറിയൊക്കെ ഒരു വകയായിരിക്കും ജാമ്പവാന്റെ കാലത്തെ ലോഡ്ജാണ് കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞടക്കണത് ആ കാണുന്നാണ് ഇവരുടെ പുതിയ കെട്ടിടം നല്ല സൗകര്യങ്ങളാണെന്ന് കേട്ടു പൈസ കൊടുക്കേണ്ടി വരും ഇത് മതി ഒരു രാത്രിയിലേക്കല്ലേ മതി സുഖവാസന് വന്നല്ലോ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ താമസില്ലല്ലോ ആ ഡ്രൈവറക്കനെ നിനക്ക് മനസ്സിലായ സരസ്വ അവൻ പറഞ്ഞതൊക്കെ ഞാനും കേട്ടു അവന്റെ അമ്മ കുഞ്ഞിപ്പിണ്ണിനെ ഞാനും അറിയും ചെക്കൻ ഈ മിടുക്കൻ ചെക്കനെ ഏട്ടൻ അറിയാത്ത വേറെ ഒരു വിശേഷം കൂടിയുണ്ട് എന്താ പാറുക്കുട്ടിനെ പെണ്ണു ചോദിച്ച് ഒരു ചെക്കൻ നേരിട്ട് വന്ന കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നില്ലേ ആ ചെക്കനാ ഇത് എന്താ പറയുന്നത് രാവിലെ അവനെ പഠിക്കല് കണ്ടത് മുതല് എന്റെ മനസ്സ് നേരെയല്ല വെറുതെ അല്ലാതെ നായര് വണ്ടി വേണ്ട വണ്ടിക്കാരെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയത് കണ്ടപ്പോ എനിക്കും തോന്നി അവനും വണ്ടിയും വേണ്ടായിരുന്നു അവനും അറിയാതെ വിട്ടുപോയെന്നാണ് തോന്നുന്നത് എന്റെ വീട്ടിലേക്ക് വരാനാണ് സതീഷ അവനോട് പറഞ്ഞത് അവനറിയില്ലല്ലോ ആർക്കാണ് ഓട്ടം പോകേണ്ടതെന്ന് ഞാൻ വണ്ടിയിൽ കയറിയിരുന്ന് നിങ്ങളെ വീട്ടിന്റെ പഠിക്കലെത്തിയപ്പോ ഈ പ്രവീൺ ഒന്ന് പിന്നാക്കം നിന്നതുപോലെ എനിക്കും തോന്നിയിരുന്നോ അവന് വിഷമമില്ലാതിരിക്കോ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ കല്യാണം ആലോചിക്കാൻ വരുന്നത് ആ പെണ്ണിനെ വേറൊരാൾക്ക് വേണ്ടി അത് അവൻ തന്നെ അവന്റെ വണ്ടിയിൽ വിഷമം എന്താ നിന്റെ നായർ ഈ ചെക്കന് കണ്ടൊരു കുറവ് തറവാട്ടില് നേരിട്ട് വന്ന് പെണ്ണു ചോദിച്ചു അതാവും തെറ്റ് നിന്റെ നായരപ്പുറുള്ളവർക്ക് അതൊരു കുറവ് തന്നെയാവും ഇനി പറഞ്ഞിട്ട് കാര്യ ആ ചെക്കനേക്കാൾ വലിയ മഹത്വൊന്നും ഞാൻ ഗൾഫുകാരന് കാണുന്നില്ല മഹത്വവും മഹത്വില്ലായ്മയും ഒക്കെ കാണേണ്ടതും അംഗീകരിക്കേണ്ടതും നമ്മളല്ലല്ലോ ദേഷ്യവും ഒന്നും സ്വന്തം മക്കളുടെ നേരെ കാണിക്കരുത് നമ്മുടെ പാറക്കുട്ടി അച്ഛനെയും അമ്മയും അനുസരിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നിട്ട് ഈ കല്യാണത്തെ സംഭവിച്ചത് ആണും പെണ്ണായിട്ട് ഒന്നല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് മോളെ അവൻ ദുബായിക്ക് കൊണ്ടുപോകുന്ന കേട്ടത് പിന്നെ ഒന്നോ രണ്ടോ കൊല്ലം കൂടുമ്പോഴൊരു വരവ് അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ അതോർക്കുമ്പോ എനിക്ക് ഞാൻ ഒരുപാട് അനുഭവിച്ചു അതുപോലെ തന്നെയാവോ എൻറെ മോളെൻ ജീവിതം എന്നാണ് എൻ്റെ പേടി എന്താ ഇത് സരസോ നമ്മൾ കഷ്ടപ്പെട്ട പോലെ ഒന്നും നമ്മളെ കുട്ടികൾ കഷ്ടപ്പെടില്ലാന്ന് സമാധാനിക്കാ അങ്ങനെ വിചാരിക്കാനേ പാടുള്ളൂ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിട്ട് വരാം ഏട്ടൻ എവിടേക്കാ നല്ല മഴക്കോളുണ്ട് ഞാൻ ഉടനെ വരും അടച്ചോളൂ മോളോട് പറ അമ്മ മേലുകഴുക ഇല്ല മോളെ തണുത്ത കാറ്റുണ്ട് മഴ പെയ്യുന്ന തോന്നുന്നത് വരാന്തയിൽ ഇരുന്ന് മഴച്ചാറിൽ കൊള്ളണ്ട കൊറച്ചുനേരം ഇവിടെ ഇരിക്കട്ടേ എത്രയാൻ പാറ്റകള് വിളക്കിന് ചുറ്റും ഓരോന്നും ചിറകൊടിഞ്ഞു വീഴുവാണ് ഇവരുടെ ഒരു ജന്മം അപ്പുറത്തെ മുറിയിലും കല്യാണക്കാരാണെന്നാ തോന്നുന്നത് അവിടെന്ന വർത്തമാനം പറച്ചിലും ചിരിയും ഇവിടെ വെറുതെ ഇരിക്കലേ ഞാനൊന്ന് നോക്കിട്ട് വന്നാലോ അമ്മ പൊയ്ക്കോളൂ ഞാനിവിടെ ഉണ്ടാവു മഴ തുടങ്ങുകയാണെങ്കിൽ അകത്തേക്ക് കയറി ഇരുന്നോളൂ കേട്ടോ ശരിയമ്മേ ഉഷ്ണത്തിനിടയിൽ തഴുകി പോകുന്ന തണുത്ത കാറ്റിന് എന്നുമില്ലാത്ത സുഖം മഴ തുള്ളിയിടാൻ തുടങ്ങിയിരിക്കുന്നു പെയ്യട്ടെ നല്ല കനത്തില് പെയ്യട്ടെ മനസ്സൊന്ന് തണുക്കാനും നല്ലതാണ് മഴ അവൻ എവിടെയായിരിക്കും ഇപ്പോൾ പ്രവീൺ ഇതുവരെ അവന്റെ പേര് പോലും അറിയില്ലായിരുന്നു പാറു ഞാനൊന്ന് ചോദിച്ചോട്ടെ ഗൗരി ചോദിച്ച പോലെ നിനക്കവൻ ഇഷ്ടമായിരുന്നു അവൻ വീട്ടിൽ വന്ന് പെണ്ന്വേഷിച്ച് പോയതിനു ശേഷം നീ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നില്ലേ നീ എന്താ ഒന്നും പറയാത്തത് ശരിയാണ് പക്ഷേ പക്ഷെ എല്ലാം മഴയുടെ ശക്തിയിൽ ഒലിച്ചിറങ്ങി പോകുന്നതുപോലെ ഒരു നുറുങ്ങുവേദന മാത്രം മനസ്സിൽ ബാക്കി കിടക്കുക ഇത്രയും ദൂരം കൂടെ യാത്ര ചെയ്തിട്ടും ഒരു വാക്ക് പോലും പറയാൻ പറ്റിയില്ല ക്ഷമിക്കണം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ അന്ന് ഞാൻ ചെയ്തത് തെറ്റാണ് അങ്ങനെ ഒരു വീട്ടിൽ പെണ്ണു ചോദിക്കാൻ പാടില്ലായിരുന്നു അതാവും പാറക്കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ കാരണം ആദ്യം എന്നെ ഇഷ്ടമാണോ എന്നെങ്കിലും അന്വേഷിച്ചറിഞ്ഞില്ല അങ്ങനെ ഒരു വേഷം കിട്ടിയത് ഇഷ്ടക്കേടുകൊണ്ടല്ല സമ്മതിക്കില്ലായിരുന്നു പറഞ്ഞത് അച്ഛന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ ഞാൻ വന്നതൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവുക ഈ കഴിയത്തി അങ്ങനെയല്ലേ ഞാനൊരു ചോദിച്ചോട്ടെ എന്നെ കൂടെ കൊണ്ടുപോവോ ഞാൻ കൂടെ വന്നോട്ടേന്ന് ഇല്ല ഈ ചുമലിൽ ഇങ്ങനെ തലവെച്ച് ചാരിയിരിക്കാനാണ് എനിക്കിഷ്ടം പറത്രിയിലാണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത് പക്ഷെ കാണാൻ തുടങ്ങിയ അന്നുമുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കണ്ണുകൾ കൊണ്ട് അതെ നിന്റെ കണ്ണുകളുടെ ഭാഷ എനിക്കറിയാമായിരുന്നു പ്രവീണിന്റെ ഓരോ നോട്ടത്തിന്റെയും അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് കഴിയാറുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് സ്നേഹത്തിലായിരുന്നു ായിരുന്നു നീ എനിക്കുള്ളതാണെന്ന് ദൈവം മുമ്പേ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് സതീഷന്റെ കാർ അപകടത്തിൽപ്പെട്ടതും അവൻ ആശുപത്രിയിലായതും പകരക്കാരനായി പ്രവീൺ വന്നതും എല്ലാം സതീശന്റെ കാറ് അപകടത്തിൽപ്പെട്ടിരുന്നില്ല അവൻ പരുക്കുപറ്റി ആശുപത്രിയിലായിട്ടുമില്ല പിന്നെ അത് സതീഷിനറിയാ എല്ലാം എനിക്ക് അവനോട് മാത്രാ ഞാൻ പറഞ്ഞത് പിന്നെ വിളിച്ച ഞാൻ ഇറങ്ങി വരുന്നറിയായിരുന്നോ അറിയായിരുന്നു പക്ഷെ കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചത് ഞാനല്ലേ അതിനു മുമ്പേ എന്റെ മനസ്സിലുണ്ടായിരുന്നു ആ ചോദ്യം കൂടെ വരുന്നോ എന്ന് രാത്രിയില് പെയ്തു തുടങ്ങിയ മഴ അവസാനിച്ചിരിക്കുന്നു പുറത്ത് ഇരുട്ട് മാറി വരുന്നതേയുള്ളൂ എന്റെ അമ്മയുടെ അടുത്തേക്ക് അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോ ചിരി വരും ഒരുപാട് നാളുകളായിട്ട് അമ്മ കല്യാണത്തിന് നിർബന്ധിക്കുന്നു അങ്ങനെ ഒരിക്കലമ്മ പറഞ്ഞു ഇവിടെ നിന്നെങ്കിലും ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് കല്യാണം വേണ്ട ഒരു കോപ്പം വേണ്ടെന്ന് തമാശയായിട്ടായിരുന്നു അമ്മ അത് പറഞ്ഞത് എനിക്ക് വേണ്ടി ഒരുപാട് സഹിക്കേണ്ടി വരും അമ്മയ്ക്ക് എന്താ കാട് നിർത്തിയത് ഇവിടെ ഒരു അമ്പലമുണ്ട് കാര്യം ഉണ്ടല്ലോ അതൊന്നും മാറ്റിയിട്ടാ മതി ദേവിക്ക് മുമ്പിൽ വെച്ച് മുഹൂർത്തം തെറ്റണ്ട ഇല്ല പ്രവീൺ എന്റെ മുഹൂർത്തം കഴിഞ്ഞു മഴയത്ത് കയറി വന്ന് എന്റെ കയ്യിൽ പിടിച്ച് ഇറക്കിക്കൊണ്ടുവന്നില്ലേ അതായിരുന്നു എന്റെ മുഹൂർത്തം മുഹൂർത്തം നാടകം സമാപിക്കുന്നു രചന ഹുസൈൻ കാരാടി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും അച്ഛൻ ശിവരാമൻ കൊല്ലേരി അമ്മ പ്രമീള മോഹൻകുമാർ കരുണൻ എസ് വിജയകുമാർ പാർവതി പി സാരംഗി പ്രവീൺ അരുൺ ശങ്കർ ആർ കെ കരുമല സംവിധാനം മാത്യു ജോസഫ് സഹായം പി നിഷ അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം